അധ്യായം നാൽപ്പത്തിയേഴ് അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കിക്കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു ആലയത്തിന്റെ മുഖം കിഴക്കോട്ടല്ലോ ആ വെള്ളം ആലയത്തിന്റെ വലത്തുഭാഗത്ത് കീഴെ നിന്ന് യാഗപീഠത്തിന് തെക്കുവശമായി ഒഴുകി അവൻ വടക്കോട്ടുള്ള ഗോപുരത്തിൽ കൂടി എന്നെ പുറത്തു കൊണ്ടുചെന്ന് പുറത്തെ വഴിയായി കിഴക്കോട്ട് ദർശനമുള്ള ഗോപുരത്തിൽ കൂടി പുറത്തെ ഗോപുരത്തിലേക്ക് ചുറ്റി നടത്തി കൊണ്ടുപോയി വെള്ളം വലത്തുഭാഗത്തുകൂടി ഒഴുകുന്നത് ഞാൻ കണ്ടു ആ പുരുഷൻ കയ്യിൽ ചരടുമായി കിഴക്കോട്ട് നടന്നു ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം രിയാണിയോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ വെള്ളത്തിൽ കൂടി കടക്കുമാറാക്കി വെള്ളം മുട്ടോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു എന്നെ കടക്കുമാറാക്കി വെള്ളം അരയോളം ആയി അവൻ പിന്നെയും ആയിരം മുഴം അളന്നു അതെനിക്ക് കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി വെള്ളം പൊങ്ങി നീന്തിയിട്ടല്ലാതെ കടപ്പാൻ വഹിയാത്ത ഒരു നദിയായി തീർന്നു അവൻ എന്നോട് മനുഷ്യപുത്ര കണ്ടുവോ എന്ന് ചോദിച്ചു പിന്നെ അവൻ എന്നെ നദീതീരത്ത് മടങ്ങിച്ചെല്ലുമാറാക്കി ഞാൻ മടങ്ങിച്ചെന്നപ്പോൾ നദീതീരത്ത് ഇക്കരെയും അക്കരെയും അനവധി വൃക്ഷം നിൽക്കുന്നത് കണ്ടു അപ്പോൾ അവൻ എന്നോട് അരുളി ഈ വെള്ളം കിഴക്കേ ഗലിയിലേക്ക് പുറപ്പെട്ട് അരാബയിലേക്ക് ഒഴുകി ടലിൽ വീഴുന്നു ഒഴുകിച്ചെന്ന് വെള്ളം കടലിൽ വീണിട്ട് അതിലെ വെള്ളം പഥ്യമായി തീരും എന്നാൽ ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും ചലിക്കുന്ന സകല പ്രാണികളും ജീവിച്ചിരിക്കും ഈ വെള്ളം അവിടെ വന്നതുകൊണ്ട് ഏറ്റവും വളരെ മത്സ്യമുണ്ടാകും ഈ നദി ചെന്നു ചേരുന്നിടത്തൊക്കെയും അത് പഥ്യമായി തീർന്നിട്ട് സകലവും ജീവിക്കും അതിന്റെ കരയിൽ എൻഗതി മുതൽ എൻ എഗ്ലയും വരെ മീൻപിടിക്കാർ നിന്ന് വലവീശും അതിലെ മത്സ്യം മഹാസമുദ്രത്തിലെ മത്സ്യം പോലെ വിവിധ ജാതിയായി അസംഖ്യമായിരിക്കും എന്നാൽ അതിന്റെ ചേറ്റുകണ്ടങ്ങളും കുഴിനിലങ്ങളും പഥ്യമായി വരാതെ ഉപ്പുപഠനയ്ക്കായി വിട്ടേക്കും നദീതീരത്ത് ഇക്കരയും അക്കരയും തിന്മാൻത്തക്ക ഫലമുള്ള സകലവിധ വൃക്ഷങ്ങളും വളരും അവയുടെ ഇല വാടുകയില്ല ഫലം ഇല്ലാതെ പോകയുമില്ല അതിലെ വെള്ളം വിശുദ്ധ മന്ദിരത്തിൽ നിന്ന് ഒഴുകിവരുന്നതുകൊണ്ട് അവ മാസംതോറും പുതിയ ഫലം കഴിക്കും അവയുടെ ഫലം തിന്മാനും അവയുടെ ഇല ചികിത്സയ്ക്കും ഉതകും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു നിങ്ങൾ ദേശത്തെ ഇസ്രയേലിന്റെ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും അവകാശമായി വിഭാഗിക്കേണ്ടുന്ന അതിർവിവരം യോസെഫിന് രണ്ടു പങ്ക് ഇരിക്കണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകുമെന്ന് ഞാൻ കൈയുയർത്തി സത്യം ചെയ്തിരിക്കെല്ലാവർക്കും ഭേദം കൂടാതെ അത് അവകാശമായി ലഭിക്കണം ഈ ദേശം നിങ്ങൾക്ക് അവകാശമായി വരും ദേശത്തിന്റെ അതിർ ഇങ്ങനെ ആയിരിക്കണം വടക്കുഭാഗത്ത് മഹാസമുദ്രം മുതൽ ഹെത്രോൻ വഴിയായി സെതാതു വരെയും ഹമാത്തയും ദശക്കിന്റെ അതിരിനും ഹമാത്തിന്റെ അതിരിനും ഇടയിലുള്ള സിബ്രഹീമും ഹൌറാന്റെ അതിരിങ്കലുള്ള നടുഹാസേരും ഇങ്ങനെ അതിര് സമുദ്രം മുതൽ ദമ്മശക്കിന്റെ അതിരിങ്കിലും ഹസർ എനാൻ വരെ വടക്കേ ഭാഗത്ത് വടക്കോട്ടുള്ള ഹമാത്തിന്റെ അതിരിങ്കലും ആയിരിക്കണം അത് വടക്കേ ഭാഗം കിഴക്കുഭാഗമോ ഹൌറാൻ ദ മെഷക് ഗലയാ എന്നിവയ്ക്കും ഇസ്രയേൽ ദേശത്തിനും ഇടയിൽ യോർദാൻ ആയിരിക്കുകയാണ് വടക്കേ അതിർ മുതൽ കിഴക്കേ കടൽ വരെ നിങ്ങൾ അളക്കേണം അത് കിഴക്കേ ഭാഗം തെക്കുഭാഗമോ തെക്കോട്ട് താമാർ മുതൽ മെരീബോത് കാതേശ് വെള്ളം വരെയും മിസ്രൈൻ തോടുവരെയും മഹാസമുദ്രം വരെയും ായിരിക്കണം അത് തെക്കോട്ട് തെക്കേ ഭാഗം പടിഞ്ഞാറ് ഭാഗമോ തെക്കേ അതിൽ മുതൽ ഹമാത്തിലേക്കുള്ള തിരിവിന്റെ അറ്റം വരെയും മഹാസമുദ്രം ആയിരിക്കണം അത് പടിഞ്ഞാറെ ഭാഗം ഇങ്ങനെ നിങ്ങൾ ഈ ദേശത്തെ ഇസ്രയേൽ ഗോത്രങ്ങൾക്ക് തക്കവണ്ണം വിഭാഗിച്ചു കൊള്ളേണം നിങ്ങളതിനെ നിങ്ങൾക്കും നിങ്ങളുടെ ഇടയിൽ വന്നു പാർക്കുന്നവരായി നിങ്ങളുടെ ഇടയിൽ മക്കളെ ജനിപ്പിക്കുന്ന പരദേശികൾക്കും അവകാശമായി ചീട്ടിട്ട് വിഭാഗിക്കണം അവർ നിങ്ങൾക്ക് ഇസ്രയേൽ മക്കളുടെ ഇടയിൽ സ്വദേശികളെപ്പോലെ ആയിരിക്കണം നിങ്ങളോടുകൂടെ അവർക്കും ഇസ്രയേൽ ഗോത്രങ്ങളുടെ ഇടയിൽ അവകാശം ലഭിക്കണം പരദേശി വന്നു പാർക്കുന്ന ഗോത്രത്തിൽ തന്നെ നിങ്ങൾ അവന് കൊടുക്കണമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്